യംഖ്യൈ പ്രാപ്യത്തെ സ്ഥാനം തദ്ദേശം യോഗം യംഖ്യൈ പ്രാപ്യത്തെ സ്ഥാനം തദ്ദേശി ഗമ്യത്തെ സാഖ്യൈ എന്നുവച്ചാൽ ജ്ഞാനമാർഗത്തിൽ സഞ്ചരിക്കുന്നവർ സാഖ്യന്മാരാണ് അവർ ഏതൊരു സ്ഥാനത്തിനെ പ്രാമിക്കുമോ തത് യോഗൈ അഭി യോഗി യോഗിഭി യോഗികളെ കൊണ്ടും യോഗികൾക്കും അത് പ്രാപ്യമാണ് യോഗികളെന്നുവെച്ചാൽ പ്രാണായാമം ഒക്കെ ചെയ്യുന്ന യോഗികളല്ല ഇവിടെ ഗീതയിൽ കർമ്മയോഗികൾ തദ്രപി ഗമ്യത്തെ ഏകം സാഖ്യം ചെ യോഗ്യതി സ പശ്യതി ആരാണോ ജ്ഞാനമാർഗത്തിന്റെ ലക്ഷ്യസ്ഥാനവും സന്യാസത്തിന്റെ സ്ഥാനവും കർമ്മയോഗത്തിന്റെ സ്ഥാനവും ഒന്നാണെന്ന് കാണുന്നത് അവരാണ് വാസ്തവത്തിൽ അറിയുന്നവർ ഇപ്പോ ഇവിടെ സ്ഥാനം എന്നൊന്നുമുണ്ട് ആ സ്ഥാനം എന്താണ് ഇവിടെയാണ് ആ സ്ഥാനം സ്ഥാനം നമ്മളിൽ തന്നെയാണ് ആ സ്ഥാനത്തിനെ തന്നെ ആണ് ഭഗവാൻ യോഗം എന്ന് പറഞ്ഞത് നമുക്കതിനെ ഈശ്വര സാക്ഷാത്കാരം എന്നും പറയാം ആത്മസാക്ഷാത്കാരം എന്ന് പറയാം ശാന്തി എന്ന് പറയാം നിവൃത്തി എന്ന് പറയാം നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് പറയാം അത് നേടണമെങ്കിൽ മുഖ്യമായിട്ടുള്ളത് ഉപാസനയാണ് അതൊരു വിഷയം ഉപാസന നമ്മൾക്ക് ഒരു കൈവഴി ഉണ്ടാക്കി തരുകയാണ് ഉപാസനയാണ് നമുക്ക് ഗീതയെ മനസ്സിലാക്കാൻ സഹായിക്കുന്നത് ഉപാസനയാണ് നമുക്ക് സത്സംഗത്തിലിരിക്കുമ്പോൾ നമ്മൾക്ക് ശ്രദ്ധയോ ഉണ്ടാക്കുന്നത് ഉപാസനയാണ് ആന്തരിക വിഷയങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ ഉതകുന്നത് ഉപാസന എന്ന് വെച്ചാൽ എന്താണ് മനസ് അനേക ചിത്തവൃത്തികളായി വിചാരങ്ങളായി അലഞ്ഞുകൊണ്ടിരിക്കുന്ന മനസ്സിന് പതുക്കെ പതുക്കെ ഒരു കൈവഴിയിലൂടെ കൊണ്ടുവന്ന് ഏക ശീലിപ്പിക്കുന്നതിനാണ് ഉപാസന എന്ന് പറയുന്നത് അപ്പൊ ഉപാസന ഉണ്ടാവുമ്പോ മനസ്സ് കൈവശപ്പെടുമ്പോ നമുക്ക് ശ്രദ്ധയുണ്ടാവും ശാസ്ത്രാർത്ഥ ധാരണാശക്തി ഉണ്ടാവും ഗീതയൊക്കെ പഠിക്കുമ്പോ എളുപ്പത്തില് മനസ്സിലാവും അതിനടുത്ത അധ്യായം ഉപാസനാധ്യായമാണ് ധ്യാനയോഗം അതിന് ഭഗവാൻ കൃഷ്ണനും പതഞ്ജലിയും അഭ്യാസ വൈരാഗ്യ മാർഗങ്ങളെയാണോ പറഞ്ഞിരിക്കുന്നത് എന്നുവെച്ചാൽ മനസ്സിനെ പതുക്കെ ദിവസം കുറച്ചു നേരം ഇരുത്തി ഏകാഗ്രപ്പെടുത്തി അഭ്യസിപ്പിക്കുക ഏകാഗ്രതാ പരിശീലനം ഇത് ഒരു മാർഗ്ഗമാണ് അനേക മാർഗങ്ങൾ അധ്യാത്മികത്തിലുണ്ട് ഓരോരുത്തരുടെയും ടെമ്പറമെന്റിന് അനുസരിച്ച് അനേക വഴികളിലൂടെയാണ് ഓരോ ജീവനും സത്യത്തിലേക്ക് അതുകൊണ്ട് ഇവിടെ പലതും സത്സംഗത്തിലിരുന്ന് പറയും അവരവർ വഴി തെരഞ്ഞെടുത്തു കൊള്ളുകയാണ് ഓരോരുത്തർ ഇരിക്കുന്ന സ്റ്റേജിൽ നിന്ന് പിടിച്ചെടുക്കുകയാണ് അത് അവരവർ ഗ്രഹിച്ചോളും ഇവിടെ പറയുന്നതിനൊക്കെ എല്ലാവർക്കും ആണെന്ന് ഗണി ഗണിക്കാനില്ല പക്ഷെ നമുക്ക് എല്ലാവരും ഓരോരോ ഘട്ടത്തില് ഓരോരോ മാർഗങ്ങളിലൂടെ കടന്നു പോയേ അതുപോലെ ഈ ഉപാസന എന്ന് പറയണത് അധികമായും ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ടതാണ് പലരും ഉപാസകന്മാരും എന്തെങ്കിലും ഒരു നാമത്തിന് ജപിക്കുകയോ നാരായണിയം വായിക്കുന്നുണ്ട് ഭാഗവതം വായിക്കുന്നുണ്ട് സ്ത്രീകളൊക്കെ സമയം കിട്ടുമ്പോൾ കൂടിയിരുന്ന് നാരായണീയം വായിക്കുകയും നാമസങ്കീർത്തനം ചെയ്യുകയും ഒക്കെ പലയിടത്തും ചെയ്ത് കാണുന്നുണ്ട് പക്ഷെ തന്നെ ഉപാസനയായിട്ട് മാറണമെങ്കിൽ തനിയെ ചെയ്യണം മനസ്സ് കൈവശപ്പെട്ട് വരണമെന്നും ഏകാഗ്രപ്പെടണമെന്നും ഉള്ള ഉദ്ദേശത്തോടു കൂടെ ചെയ്യണം ഉള്ളിലേക്ക് ഒരു നാമജപം മതി ഉപാസന എന്ന് പറഞ്ഞാൽ ഒരു നാമജപമതി ആ നാമജപ ആണെങ്കിലും നിഷ്ഠ വ്രതത്തോടുകൂടെ നിഷ്ഠയോടുകൂടെ ദിവസവും ബ്രാഹ്മ നേരം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഇത്രയധികം ജപം ചെയ്തിരിക്കുമെന്ന് വ്രതത്തോടുകൂടെ ജപത്തിനെ പരിശീലിക്കുക ആദ്യമൊക്കെ വായുകൊണ്ട് ജപിക്കുക പിന്നെ മാനസികമായി ജപിക്ക മനസ്സിനെ അനേക വിചാരങ്ങളായി അലഞ്ഞുകൊണ്ടിരിക്കുന്ന മനസ്സിനെ ഒരു നാമത്തിൽ നിർത്തി നിർത്തി നിർത്തി ആ സ്പന്ദനത്തിൽ ആ മനസ്സിനെ നിർത്തി ശീലിപ്പിക്കാം മനസ്സ് നാമത്തിനെ പിടിച്ചെടുക്കണില്ലെങ്കിലോ ആദ്യം വായുകൊണ്ട് ജപിച്ച് മനസ്സിനെ കേൾപ്പിക്കുക മനസ്സ് പിടിച്ചെടുക്കുന്നവരെ വായുകൊണ്ട് ജപിച്ച് വാചികമായി ജപിച്ച് മനസ്സിനെ കേൾപ്പിക്കുക മനസ്സ് പിടിച്ചെടുത്ത് ജപിക്കുന്നവരെ അതിനെ പഠിപ്പിക്കുക ഒരു കൊച്ചുകുട്ടിയെ പോലെ ലാളയേത് ചിത്ത ബാലകം എന്നാണ് ഒരു കൊച്ചുകുട്ടിയെ പഠിപ്പിക്കുന്ന ചുമതലാബോധത്തോടുകൂടെ റെസ്പോൺസിബിലിറ്റി ഫീലിങ്ങോട് കൂടെ മനസ്സിനെ പഠിപ്പിക്കുക നാമം ജപിക്കാനായിട്ടും അഥവാ ഒരു രൂപധ്യാനം ചെയ്യാനായിട്ടും ഇങ്ങനെയൊക്കെയാണ് അധ്യാത്മ സാധന ആരംഭിക്കേണ്ടത് നാമം എന്നുള്ള ഒരു താക്കോല് വെച്ചുകൊണ്ട് ഉള്ളിൽ പോയി മനസ് അനേക പിരിയാതെ ഒരു വിചാരത്തിൽ ഒരു നാമത്തിൽ നിർത്തി ശീലിച്ചാൽ തന്നെ പതുക്കെ പതുക്കെ പതുക്കെ മനസ്സ് അതിന്റെ പിറപ്പിടം എവിടെയോ അവിടേക്ക് പോകും അഥവാ അങ്ങനെ പോയിട്ടില്ലെങ്കിലും ൾ അന്തർമുഖമായി കഴിയുമ്പോ നമ്മളുടെ ഉള്ളിലുള്ള സ്വഭാവത്തിനെ നമ്മൾ കാണും കൃഷ്ണൻ പറയുന്ന ആ സ്വഭാവം നമുക്ക് കാണിച്ചു തരും നമ്മൾ എന്താണെന്ന് നമ്മൾ കാണും നമ്മൾക്ക് പൂർണമായ ജ്ഞാനനിഷ്ഠ ഉണ്ടാവാൻ ശാന്തി ഉണ്ടാവാൻ തടസ്സമായിട്ട് നിൽക്കുന്ന വികാരങ്ങളും വിചാരങ്ങളും എന്താണെന്ന് നമ്മൾ തന്നെ നമ്മളുടെ അകമേക്ക് കാണും അപ്പൊ അതിനെ എങ്ങനെ ഇല്ലാതാക്കാം അതിനുള്ള വഴി എന്താണ് എന്നൊക്കെ അപ്പൊ ശാസ്ത്രം പറയുമ്പോ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും ഉപാസനയില്ലാത്തവർക്ക് ഇതൊന്നും മനസ്സിലാവില്ല കുറെ പുസ്തകം മാത്രം പഠിച്ചു കഴിഞ്ഞവർക്ക് ഒന്നും മനസ്സിലാവില്ല കുറച്ച് ഒക്കെ ഒന്നും പിടിക്കണം അല്ലെങ്കിൽ നമ്മൾ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും ഉത്തരം കിട്ടിക്കൊണ്ടിരിക്കും ഇതിനൊരു അവസാനമേ ഉണ്ടാവില്ല അപ്പോ ഉപാസന വളരെ പ്രധാനമാണ് ഉപാസനയെ കുറിച്ച് അധികം നമ്മളുടെ സത്സംഗത്തിൽ പറയുന്നില്ല എന്നുള്ളത് കൊണ്ട് അത് എന്നുള്ള അർത്ഥം വയ്ക്കരുത് അത് പറയാതിരിക്കാൻ കാരണം ഇവിടെ നമ്മളുടെ വിഷയം കുറച്ച് ഉയർന്ന വിഷയമായതുകൊണ്ടും ജ്ഞാനമായതുകൊണ്ടും ജ്ഞാനത്തിനെയും ശരണാഗതിയെയുമാണ് മുഖ്യമായി ഊന്നുകൊടുത്തുകൊണ്ട് പറയണത് പക്ഷെ ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ നമ്മൾക്ക് നമ്മളുടേതായ അധ്യാത്മ സാധനകൾ പേഴ്സണൽ സാധനകൾ എല്ലാവർക്കും കൂടി വിളിച്ചൊരു സദസ്സിൽ പറയാൻ പറ്റില്ല പക്ഷെ അത് അവരവർക്ക് ഉണ്ടായിരിക്കണം ഉണ്ടായിക്കൊള്ളണം അവരവരുടെ മാർഗം അവരവർ കണ്ടെത്തിക്കൊള്ളണം എന്തെങ്കിലുമൊക്കെ ആന്തരികമായ ഒരു പരിശീലനം ഒരു സാധന ഉണ്ടായിരിക്കണം ഇങ്ങനെയപ്പോ ഞാൻ പറഞ്ഞ നാളെ ഇപ്പം എൻ്റെ വന്ന് ഓരോരുത്തരും ചോദിക്കും അതൊക്കെ പേടിച്ചിട്ടാണ് ഇതൊന്നും പറയാതിരിക്കണത് ഓരോരുത്തരും അവരവരുടേതായ മാർഗത്തിൽ എന്തെങ്കിലും ഒരു വിധത്തിൽ ഒരു ഭക്തി സാധനാഭക്തി ഒന്നുണ്ട് പരാഭക്തി എന്നുണ്ട് സാധനാഭക്തി എന്ന് പറയണത്തിലാണ് ഈ ഉപാസന വരിക കർമ്മയോഗവും സാധനാ ഭക്തിയിൽ അടങ്ങി നമ്മൾ ഉപാസന ചെയ്യുമ്പോൾ നമ്മളുടെ സെൽഫിഷ്നെസ് സ്വാർത്ഥത നമ്മൾ പിടിച്ചു ഉള്ളിലുള്ള ഭയം നമ്മൾക്കുള്ള സെക്യൂരിറ്റി ഫീലിംഗ് ഇതൊക്കെ നമ്മൾ തന്നെ കാണും അല്ലെങ്കിൽ നമ്മൾ അൺകോൺഷ്യസ് ആയിട്ട് ജീവിക്കും ഉപാസന ഇല്ലാത്തവര് അവരുടെ മനസ്സ് പറയണതൊക്കെ അവരുടെ ശരിയാണെന്ന് വിചാരിച്ചുകൊണ്ട് ജീവിക്കും ഉപാസനയുള്ളവൻ തൻ്റെ മനസ്സിനെ തന്നിൽ നിന്നും മാറ്റി കാണുന്നതുകൊണ്ട് അതിലുള്ള കുഴപ്പങ്ങളൊക്കെ ഇയാൾ കാണും അപ്പോഴാണ് കർമ്മയോഗവും നമുക്കൊരു സാധനയായിട്ട് തീരണത് നമ്മൾ വിചാരിച്ച പോലെ നമ്മൾ അത്ര നിസ്വാർത്ഥരൊന്നും അല്ലെന്നും നമ്മളിൽ സ്വാർത്ഥത കുടികൊള്ളുന്നുവെന്നും ഈ സ്വാർത്ഥതയാണ് നമ്മൾ ദുഃഖിപ്പിക്കുന്നതെന്നും ഒക്കെ തന്നെ ഒരു ഉപാസകനാണ് മനസ്സിലാക്കുന്നത് ഭോഗിയായിരിക്കണമെന്ന് മനസ്സിലാവില്ല അതുകൊണ്ട് ഈ സത്സംഗം കഴിഞ്ഞ അങ്ങട് പോയി കഴിഞ്ഞാൽ ഇത് വിട്ടുപോവാതിരിക്കണമെങ്കിൽ സത്സംഗം വർഷത്തിലൊരു ഏഴ് ദിവസമേ ഉള്ളൂ സത്സംഗം നിങ്ങൾക്ക് ഒരു ഡൈനാമോ നിറയ്ക്കുന്ന പോലെ ആയിരിക്കാം പക്ഷെ ആ ഡൈനാമോ നിറയ്ക്കുകയും കാലിയാക്കുകയും നിറക്കുകയും കാലിയാക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സോഴ്സ് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ കണ്ടെത്തണം ഈ സത്സംഗം എന്ന് നിത്യമല്ല സത്സംഗത്തിനെ പ്രയോജനപ്പെടുത്തിക്കൊള്ളണം നാരദ ഭഗവാൻ ഭക്തിസൂത്രത്തിൽ പറഞ്ഞു അമോഘമാണ് ഫലം എന്നാണ് സത്സംഗത്തിൽ നിന്ന് കിട്ടുന്നത് ഒരിക്കലും വേസ്റ്റ് ആയിട്ട് പോകില്ല അത് വേറൊരിടത്തും കിട്ടുകയുമില്ല പക്ഷെ സത്സംഗത്തിനെ ആശ്രയിക്കാൻ കൊള്ളില്ല നിത്യമല്ല കിട്ടുമ്പോ എന്താ മരുഭൂമിയിൽ മഴ പെയ്യുന്ന പോലെയോ മറ്റുമൊക്കെ കിട്ടിയാൽ കിട്ടി അത്ര തന്നെ നിത്യമല്ല കിട്ടിയ സത്സംഗത്തിനെ നമ്മളുടെ സ്വന്തമാക്കണം നമ്മളുടെ സ്വന്തമാക്കണമെങ്കിൽ മനനം ചെയ്ത് ഈ കിട്ടിയ വസ്തുവിനെ മനനം ചെയ്ത് ഇവിടെ പറയപ്പെടുന്ന വസ്തുക്കൾ നിങ്ങൾ എത്ര കേട്ടാലും നിങ്ങൾക്കൊരു ട്രാൻസ് പോലെ ഒരു സുഖമൊക്കെ ഉണ്ടായാലും ആ സുഖത്തിലാണ് നിങ്ങളുടെ അറ്റൻഷനെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സത്സംഗം വരുമ്പോൾ അത് ഉണ്ടാവും അത് കഴിഞ്ഞാൽ അടുത്ത സത്സംഗത്തിൽ ഉണ്ടാവും പോയി പോവും ഇവിടെ സുഖമായി നിങ്ങൾ കേൾക്കണതിരിക്കട്ടെ ഇത് കേട്ട് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി അങ്ങനെ നാമജപമൊക്കെ ചെയ്യുമ്പോ വായകൊണ്ട് നാമം ജപിക്കുമ്പോ ൊണ്ട് ഈ കേട്ടത് മുഴുവൻ ഒ മനനം ചെയ്ത് മനനം ചെയ്ത് മനനം ചെയ്ത് വേണമെങ്കിലും അവിടെ പോയിട്ട് എഴുതിക്കൊള്ളുക ഇവിടുന്ന് എഴുതാൻ അവിടെ ചെന്ന് എഴുതുകയും മനനം ചെയ്യുകയും സ്വന്തമാക്കുകയും ചെയ്ത് ഉള്ളില് നമ്മളുടേതാക്കി തീർക്കണം ആ അറിവിനെ ഈ മഹാരാഷ്ട്ര സന്ധുക്കളൊക്കെ അഭംഗമൊക്കെ പാടിയെന്ന് വെച്ചാൽ അവരൊക്കെ ചെയ്തത് എന്താന്ന് വെച്ചാൽ അവർക്ക് കിട്ടിയ അറിവിനെ മനനം ചെയ്യാണ് ഈ പാട്ടൊക്കെ അത് ഉറക്കെ മന ചില വിഷയങ്ങളൊക്കെ തനിയെ സംസാരിക്കില്ലേ അല്ലേ വാസ്തവത്തിൽ ഇവരൊക്കെ തനിയെ സംസാരിക്കുകയാണ് ചെയ്തത് അത് അവർ പാട്ടുപാടി അത്രയേ ഉള്ളൂ തനിയെ വർത്തമാനം പറയണതിനും പാട്ടുപാടി അത് മനനമാണ് ആന്തരികമായി മനനമാണ് അവരുടെ ഉള്ളിൽ വരുന്ന ഫീലിംഗ്സൊക്കെ അവർ പറയുക അത് പാട്ടുപാടി നമുക്ക് തന്നത് എന്താ ഒരു അധ്യാത്മ സാധകൻ ഭക്തൻ എങ്ങനെ ഭക്തി സാധന ചെയ്യണമെന്ന് അവർ കാണിച്ചു തന്നു ഭക്തിസാധനയ്ക്ക് പുറമേക്കൊരാശ്രയമാണ് ജപമൊക്കെ ആന്തരികമായി ഈ സത്സംഗത്തിൽ കിട്ടുന്നതിനെ മനനം ചെയ്ത് വിചാരം ചെയ്ത് നിങ്ങളുടേതാക്കി തീർക്കണം എന്നിട്ട് നമ്മളുടെ വഴിയും നമ്മൾ എവിടെ ഇരിക്കണെന്നുള്ളതൊക്കെ കണ്ടെത്തണം അധികവും അധികം പേർക്കും കർമ്മയോഗ സാധന കൂടാതെ ജ്ഞാനയോഗ സാധനയിലേക്ക് വരാൻ സാധ്യമല്ല പ്രത്യേകിച്ച് നമ്മൾ ഗൃഹസ്ഥന്മാരായിട്ട് ഇരിക്കുമ്പോ കുടുംബത്തിലിരിക്കുമ്പോ നമ്മൾക്ക് വേണ്ടി നമ്മൾ പണം സമ്പാദിക്കുമ്പോൾ നമ്മളുടെ കുടുംബത്തിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നിടത്തോളം കാലം കർമ്മയോഗമില്ലാതെ നമുക്ക് ഇരിക്കാൻ പറ്റില്ല ഞാൻ ജ്ഞാനയോഗിയാണ് വിചാരം ചെയ്യുന്നു ഏകാന്തത്തിലിരിക്കാം എന്നൊക്കെ പറഞ്ഞാലും പലപ്പോഴും ജ്ഞാനയോഗികൾ എന്ന് മാത്രം ഐഡന്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ആളുകൾ ചിലപ്പോൾ സ്വാർത്ഥതയുടെ പടുകുഴിയിൽ വീണു പോകും അപ്പൊ കൂടെ കർമ്മയോഗം ഉണ്ടാവണം രണ്ടിനും ആശ്രയമായി ഭക്തിയോഗം ഉണ്ടാവണം പ്രിയമാണ് ഭക്തി പ്രിയം ഉണ്ടാവണം എല്ലാം പൂർണമായ ഒരു ജീവനിലുണ്ടെങ്കിൽ അധ്യാത്മ ജീവിതം പൂർണ്ണമാവുള്ളൂ സുഗന്ധം വരുകയുള്ളൂ ഇപ്പൊ ഇവിടെ ഭഗവാൻ പറഞ്ഞു കർമ്മയോഗം കൂടാതെ കർമ്മയോഗവും ജ്ഞാനയോഗവും രണ്ടും ശ്രേഷ്ഠമാണ് പക്ഷെ കർമ്മയോഗം കൂടാതെ ജ്ഞാനയോഗം സാധ്യമല്ല അധികം പേർക്കും ചിലർക്ക് സാധ്യമാവും അവർ പൂർവ്വജന്മത്തിൽ അതൊക്കെ സമാപിപ്പിച്ച തീർത്തവരാണ് അപ്പോ അടുത്ത ശ്ലോകം നോക്കുക ദുഃഖമാനിർധി ഹേ മഹാബാഹോ സസമാർത്തിക ദുഃഖം ആപ്തും അയോഗത യോഗേന വിനാം കർമ്മയോഗം കൂടാതെ പാരമാർത്ഥികമായ സന്യാസം സാധ്യമല്ല എന്നുവെച്ചാലോ സാധാരണ ഒരു സാധക സന്യാസം സാധ്യമാണ് എന്നുവെച്ചാൽ കഷായ ഒടുക്കാം ആശ്രമത്തിൽ പോയി താമസിക്കാം അവിടെ പോയിട്ടും പിന്നെയും കർമ്മയോഗം അനുഷ്ഠിക്കാം അത് സാധ്യമാണ് ഒരു സാധകൻ എന്ന നിലയിൽ അത് സാധ്യമാണ് പക്ഷേ പാരമാർത്ഥികമായ സർവസംഗ പരിത്യാഗം എന്ന് പറയണത് എന്നുവെച്ചാൽ ഭഗവത് അനുഭവം എന്ന് പറയണത് ബ്രഹ്മാനുഭവം എന്ന് പറയണത് സാധ്യമല്ല ദുഃഖം ആപ്തും അയോഗത യോഗയുക്തോ മുനി ബ്രഹ്മന ചിരേണ അധിക യോഗയുക്തനായ മുനി അധികം സമയം കൂടാതെ തന്നെ സന്യാസത്തിനെ പ്രാപിക്കും ഇവിടെ ബ്രഹ്മ എന്ന് വെച്ചാൽ സന്യാസം എന്നർത്ഥം ന്യാസ യുതി ബ്രഹ്മ ബ്രഹ്മാഹിപരഹിതി ബ്രഹ്മാ ബ്രഹ്മാഹിപരഹ എന്തെങ്കിലും ഉണ്ടോ വിഷയം ആരുടെയോ കാറ് വഴിയിൽ നിൽക്കണെന്നാണ് എന്താ കാറിന് നമ്പർ വലുതും പറഞ്ഞാൽ അനൗൺസ് ചെയ്യാം ായിരുന്നു ഇതിന് ആരെങ്കിലും ആ സരല്ലേ അത് അവിടെ ബ്ലോക്ക് ചെയ്യാൻ പാടില്ലല്ലോ നമ്മളുടെ ഉള്ളിലോ ബ്ലോക്ക് ഉണ്ട് അത് പോകാനുള്ള വഴിയാണപ്പൊ നോക്കണതൊന്നും കിട്ടുന്നില്ല സന്യാസസ്തു മഹാബാഹോ ദുഃഖമാപ്തും അയോഗത യോഗയുക്താ മുനി മുനിന്ന് വെച്ച മനനശീലൻ സത്യത്തിനെ നിരന്തരം മനനം ചെയ്യുന്നവനാണ് മുനി ഭക്തി ഭക്തനും മുനിയാണ് നിത്യനിരന്തരം ഭഗവാന്റെ ദിവ്യരൂപത്തിനെയോ അഥവാ തന്റെ ഭഗവാനോടുള്ള സലാഭത്തിനെയോ ഒക്കെ മനനം ചെയ്യുന്നവൻ മുനിയാണ് ഭക്തനും മുനിയാണ് ജ്ഞാനിയും മുനിയാണ് നിത്യനിരന്തരം ബ്രഹ്മവിചാരം ചെയ്യുന്ന ജ്ഞാനിയും മുനിയാണ് ഞാൻ ആരാണ് എന്റെ സ്വരൂപം എന്താണെന്നുള്ള വിചാരം ഇടതടവില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജ്ഞാന വിചാരശീലനായ ജ്ഞാനയോഗിയും മുനിയാണ് കർമ്മയോഗിയും മുനിയാണ് കർമ്മയോഗി നിത്യനിരന്തരം ഞാൻ കർത്താവല്ലെന്ന് അറിഞ്ഞുകൊണ്ട് അഥവാ ലോകത്തിന് ഹിതം ചെയ്യണമെന്ന് അറിഞ്ഞുകൊണ്ട് ഫലേച്ഛയില്ലാതെ ഇരിക്കാൻ മനനം ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ് കർമ്മയോഗിയും മുനിയാണ് അപ്പോ തത്വത്തിനെ അറിഞ്ഞ് മനനം ചെയ്ത് ലോകസംഗ്രഹത്തിന് വേണ്ടി കർമ്മം ചെയ്യുന്ന മുനി സന്യാസത്തിനെ എളുപ്പത്തിൽ പ്രാപിക്കും ന ചിരേണ അധികച്ചതി അധികം പ്രയത്നപ്പെടാതെ ചിരമെന്ന് വെച്ചാൽ കുറെ കാലം കഴിഞ്ഞു ന എന്ന് വെച്ചാൽ വളരെ എളുപ്പത്തിൽ സാധിക്കും ആര് തനിക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നുവോ അവന് എളുപ്പത്തിൽ മുക്തനാവില്ല ചിലപ്പോ നമ്മൾ അധ്യാത്മ സാധകന്മാരെന്ന് പറഞ്ഞ് സന്യാസമൊക്കെ എടുത്ത് മാറി നിൽക്കുമ്പോ ചില ചില സമയത്ത് നമ്മൾ അറിയാതെ പെടുന്ന നമ്മളുടെ ട്രാപ്പ് വെച്ചാൽ നമ്മൾ നമ്മൾക്ക് മുക്തി നേടണമെന്ന് ആഗ്രഹിച്ച് ലോകത്തിനെ മുഴുവൻ വെറുക്കുകയും ദ്വേഷിക്കുകയും ഒക്കെ ചെയ്ത് ചിലപ്പോൾ ചിലർ പ്രവർത്തിക്കും എന്നിട്ട് ഞാൻ മെനക്കെട്ട് എത്രയധികം ജപം ചെയ്തു സാധന ചെയ്തു എല്ലാം ചെയ്തു എന്നിട്ട് എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറയും ഇവരുടെ പ്രയത്നം തന്നെയാണ് ഇവർക്ക് തടസ്സമായിട്ട് നിൽക്കണത് ഇവരുടെ പരിശ്രമം തന്നെയാണ് ഇവർക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് എവിടെയെങ്കിലും സ്വാർത്ഥ സത്യം സ്വാർത്ഥതാത്യാഗമാണല്ലോ സത്യം വസ്തു അഹങ്കാരക്തത അത് ചില സമയത്ത് നമ്മൾ കർമ്മയോഗിയും ചിലപ്പോൾ അറിയാതെ സ്വാർത്ഥതയായാൽ അവൻ കർമ്മയോഗിയല്ല കർമ്മഭോഗിയായിട്ട് തീരും കർമ്മത്തിന്റെ ഫലത്തിനെ അയാള് ആന്തരികമായി ഭുജിക്കാൻ തുടങ്ങും വളരെ സൂക്ഷ്മമാണ് വിഷയം ഉള്ളിലുള്ള അന്തരയാമി വേണം തീരുമാനിക്കാൻ അപ്പോ യോഗയുക്തോ മുനി പറയണത് കൺഫ്യൂഷനാവുണ്ടോ ഇങ്ങനെ അല്ലാതെ പറയാൻ പറ്റില്ല അതാണ് ഇതിപ്പോ മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഈ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരാണെങ്കിൽ ഇത്തരം സംശയങ്ങളൊക്കെ നമുക്കുണ്ടാവും നമ്മൾ അധികം പേരും കർമ്മം ചെയ്യുന്നവരാണ് അധികം പേരൊന്നുമല്ല ഏകദേശം എല്ലാവരും കർമ്മത്തിന്റെ മണ്ഡലത്തിൽ ഇരിക്കുന്നവരാണ് അങ്ങനെ കർമ്മമണ്ഡലത്തിൽ ഇരിക്കുന്ന ശരീരം കൊണ്ട് കർമ്മം ചെയ്യുന്നു മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നു ഒക്കെ ചെയ്യുമ്പോൾ ആ കർമ്മത്തിനെ കർമ്മയോഗമാക്കി മാറ്റിയാൽ വളരെ സുഖം ബന്ധാത് പ്രമുച്ഛതേ ഭഗവാൻ പറയണത് വെളിരിപ്പഴം വിട്ടുവരുന്ന പോലെ ഉർവാരുകം ഇവ ബന്ധനാത്ത് മൃത്യോർമുക്ഷീയമാമൃത്താത് വിട്ടു വിട്ടുവരും അങ്ങനെ വിട്ടുവരാൻ ഒറ്റ കണ്ടീഷനെയും ഭഗവാൻ പറയണുള്ളൂ നിരന്തരം ചെയ്തോളൂ പക്ഷേ അവനവന് വേണ്ടി ചെയ്യാൻ പാടില്ല അതാണ് കർമ്മയോഗത്തിന്റെ ആകത്തുക പ്രവർത്തിച്ചോളൂ പക്ഷെ തനിക്ക് വേണ്ടി ചെയ്യരുത് ഞാൻ ഇപ്പൊ നോക്കിയിട്ട് ഒരുപാട് പേരങ്ങനെ ഉണ്ട് സഹജമായിട്ട് പ്രത്യേകിച്ച് വീട്ടിലെ അമ്മമാരും സ്ത്രീകളൊക്കെ എത്രയോ പേരങ്ങനെ പ്രവർത്തിക്കുന്നവരുണ്ട് സമൂഹത്തിൽ എത്രയോ പേരങ്ങനെ നിൽക്കുന്നവരുണ്ട് അവര് അവരെ അവർക്ക് തന്നെ അറിയില്ല അത് അതിന് ഒരുപക്ഷെ ഈ ഗീതയൊക്കെ പഠിച്ച് അറിഞ്ഞിട്ട് ചെയ്യുന്നതിനെക്കാളും അതിന് നമുക്ക് കാണുമ്പോ അവരെയൊക്കെ കാണുമ്പോ സന്തോഷം തോന്നും അവരറിയാതെ തന്നെ അവരെ ഏതോ ഈ അന്ത് ഈ ഉള്ളിലുള്ള അന്തർഗാമി തന്നെ അവരെ അങ്ങനെയൊക്കെ ആക്കി തീർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് രമണ ഭഗവാൻ അക്ഷരമഠമാലയിൽ പറയുന്നത് ഹേ അരുണാചല എന്നെ പരിപാകപ്പെടുത്താനായി അങ്ങ് നോക്കി എന്നെ കാത്ത് വേണ്ട സ്ഥലത്തൊക്കെ എന്നെ ഇടിച്ച് പരിപാട പാകപ്പെടുത്തി പക്വമാക്കി അങ്ങയുടേതാക്കി തീർത്ത് എനിക്ക് കൃപ ചൊരയൂ നോക്കിയെ ഗീത പറയേണ്ടത് കാരണം ഗീത പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മൾക്ക് അധ്യാത്മ സാധനം എത്രയേ ഉള്ളൂ വേറെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇപ്പൊ നിങ്ങളുടെ നാമമാണ് ജപിക്കണതെങ്കിലും നിങ്ങളുടെ സകല കാര്യങ്ങളും സകല സീക്രട്സും അറിയുന്ന ഒരേ ഒരു ആളുണ്ട് നിങ്ങളുടെ തന്നെ ഉള്ളിൽ അന്തര്യാമ്യ രൂപത്തിലിരിക്കുന്ന ഭഗവാൻ ഈ ജന്മത്തിലുള്ള എല്ലാ കണക്കും അവിടെ ഉണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ തീർക്കാനുണ്ടോ അതൊക്കെ അവിടെ ഉണ്ട് അതുകൊണ്ട് ആ അന്തര്യാമിയുടെ കയ്യിൽ നിങ്ങളെ ഏൽപ്പിക്കുക എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഹിതചിന്ത എന്ന് ഇന്നലെ പറഞ്ഞുവല്ലോ ഹിതചിന്ത തന്നെ ഭക്തിയാവുമ്പോൾ നമ്മൾ നമ്മളുടെ ഉള്ളിലെ മാതാവും പിതാവും ബന്ധുവൊക്കെ ആയിട്ടിരിക്കുന്ന ഭഗവാനോട് പറയാ ഭഗവാനെ എനിക്ക് എന്തു വേണമോ അത് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും ഈ നിരന്തരം പറയണം നിരന്തരം ഈ ഭാവം എനിക്ക് സ്വയമേവ കർമ്മയോഗിയാവാൻ എനിക്ക് സാധിക്കില്ല ഗീതയിൽ കൃഷ്ണൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നെ കർമ്മയോഗിയാക്കി തീർക്കും ആണ്ട് അരുൾ അരുണാചല എന്ന് രമണ ഭഗവാന്റെ ആ വാക്ക് എന്നെ ആൾകൊണ്ട് എന്ന് വെച്ചാൽ എന്നെ പിടിച്ച് കൺട്രോൾ മീ എന്നെ പിടിച്ചുകൊള്ള അച്ഛൻ കുട്ടിയെ പിടിക്കണത് എളുപ്പവും കുട്ടി കുട്ടി അച്ഛനെ പിടിച്ചാൽ കുട്ടി എപ്പോ വേണമെങ്കിൽ വിട്ടുപോകും അച്ഛൻ കുട്ടിയെ പിടിച്ചാൽ കുട്ടി സ്വതന്ത്രനാണ് അല്ലെ ഭക്തിയുടെ സിദ്ധാന്തം അതാണ് ആരാണോ ദാസൻ ദാസൻ സ്വതന്ത്രനാണോ യജമാനനാണ് ബന്ധത്തിൽ കിടക്കണത് ഈ ദാസനെ നിയന്ത്രിക്കണമല്ലോ യന്ത്രം സ്വതന്ത്രമാണ് യന്തി ബന്ധത്തിലാണ് കിടക്കുന്നത് യന്ത്രക്ക് നിരന്തരം യന്ത്രത്തിനെ ഓടിക്കണം യന്ത്രത്തിന് ഇങ്ങട് തിരിച്ചാൽ ഇങ്ങോട്ട് തിരിയണം ഇങ്ങട് തിരിച്ചാ ഇങ്ങട് തിരിയണം നിർത്തിയാ നിക്കണം അപ്പൊ അതിനറിയോ ബ്ലോക്ക് ആയിട്ടുണ്ടെന്ന് അല്ലെ യജമാനൻ വേണം പോയിട്ട് അതിനെ അവിടെ നിന്ന് എടുക്കാൻ ഇല്ലേ അതിന് ബ്ലോക്ക് ആയാലും കുഴപ്പമില്ല അത് എന്തായാലും കുഴപ്പമില്ല അതിന് പുണ്യമില്ല പാപമില്ല ഒന്നുമില്ല അത് തനിയോ ഒന്നും ചെയ്യില്ല താനായിട്ട് അതൊന്നും ചെയ്യില്ല തന്നെ നിയന്ത്രിക്കുന്ന യജമാനന്റെ കയ്യിലാണത് അങ്ങനെ യജമാനന്റെ കൈയിൽ ഏൽപ്പിച്ചു കൊടുക്കണത് വരെയാണ് നമ്മളുടെ അധ്യാത്മ സാധനയും പോണത് നമ്മളിപ്പോ നിങ്ങൾ കേൾക്കുമ്പോ നിങ്ങളുടെ മുഖമൊക്കെ നോക്കുമ്പോ ഒരു പ്രസന്നത ഉണ്ട് ഇത് പറയുമ്പോൾ അതിന് കാരണം അപ്പാ നമുക്കൊരു വഴി കിട്ടി എളുപ്പ വഴി എന്നുള്ള ഒരു തോന്നലാണ് മുഖത്ത് പക്ഷേ ഇത് ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾ മറന്നു മറന്നു പോകും അതാണ് ഏറ്റവും വലിയ കുഴപ്പം ഇത്ര കാര്യം എളുപ്പമാണെങ്കിൽ നമ്മളെ നിയന്ത്രിക്കണത് ഭഗവാനാണ് ഭഗവാൻ എന്ന് പറയൂ അന്തര്യാമി എന്ന് പറയൂ ഈശ്വരൻ എന്ന് പറയൂ എന്ത് പേര് വേണമെങ്കിൽ പറഞ്ഞോളൂ ആ ഭഗവാനാണെങ്കിൽ കാര്യം എളുപ്പമായല്ലോ ജ്ഞാനികൾ പോലും ഈ ജ്ഞാനത്തിലാണ് ലോകത്തിൽ വർത്തിക്കുന്നത് അവരുടെ ജീവിതം കണ്ടാലേ മനസ്സിലാവുള്ളൂ രമണാശ്രമത്തിൽ ഒരിക്കലെ ചാക്കിലെ അരി കൊണ്ടുപോവാണ് അരി കൊണ്ടുപോയി സ്റ്റോർ റൂമിൽ കൊണ്ടു പോകുന്ന വഴിയിൽ കുറെ അരിയൊക്കെ ചോട്ടിൽ വീഴുവല്ലോ അപ്പൊ ഒരു ദിവസം രമണു ഭഗവാൻ അവിടെ ഇരുന്ന് ഓരോ അരിമണിയായിട്ട് പെറുക്കി കയ്യിലിട്ടിട്ട് ഉള്ളിൽ കൊണ്ടുപോയിട്ട് ആ അരിച്ച് അരിച്ചാലിട്ടിട്ട് വരും അപ്പോ ഭഗവാന്റെ കഞ്ചത്തരം എന്നാണ് അതായത് പിശുക്ക് ഇങ്ങനെ എല്ലാത്തിലും വളരെ എക്കണോമിക്കൽ ആയിട്ട് ഓരോന്ന് പെറുക്കി എടുക്കണതൊക്കെ കണ്ടിട്ട് എന്തിനാ ഭഗവാൻ ഇപ്പൊ കൊഞ്ച അരിശി കീഴ പോകുമേ അനു ഭഗവാൻ പറഞ്ഞ എന്താ അറിയോ ഇതിലെ ഓരോ അരിശി മണിക്കും നാ അണാമലയാറിപ്പ് ബതിൽ പോയി ഇതിലെ ഓരോ അരിശി മണിക്കും അണ്ണാമലയാർക്ക് അരുണാചലേശ്വരൻറെ അടുത്ത് ഞാൻ ഉത്തരം പറയണം എന്നാണ് ജ്ഞാനികളിൽ നിന്ന് വേണം ഈ ഭാവമൊക്കെ മനസ്സിലാക്കി ഇത് യു ചെയ്താൽ മനസ്സിലാവോ യുക്തി ചെയ്യുന്നതൊക്കെ പച്ചവെള്ളത്തിനെ കടയണ പോലെയാണ് ഒന്നും കിട്ടില്ല ജ്ഞാനികളുടെ അടുത്ത് കൂടിയാലേ ഭക്തി എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ അതാണ് മഹദനുഗമ എന്ന് നാരായണീയത്തിൽ ഭട്ടതിരി പറഞ്ഞു ഭക്തി വരണമെങ്കിൽ മഹദനുഗമ്യ ഭക്തി മഹാത്മാക്കളെ എങ്ങനെ ജീവിക്കണോന്ന് കാണും ഓരോ ക്ഷണത്തിലും ദ ആർ കോൺഷ്യസ് അബൌട്ട് ദാറ്റ് ഇന്നർ കൺട്രോളർ ഇന്നർ മോണിറ്റർ ഓരോ ക്ഷണത്തിലും തന്റെ പ്രാണൻ തൻ്റെ മനസ്സ് തന്റെ ശരീരം താൻ ആ അന്തര്യാമിയുടെ കയ്യിലാണ് ഭഗവാൻ നിയന്ത്രിക്കുന്നു ഞാൻ നിയന്ത്രിക്കപ്പെടുന്നു എന്നുള്ളതാണ് ശരീരമണ്ഡലത്തിലിരിക്കുമ്പോൾ ജ്ഞാനികൾക്കും ഭാവം അതുകൊണ്ട് ദീനന്മാരായിട്ടിരിക്കും നമ്മുടെ ഭഗവാനും പാടി എൻ പോലും ദീനറൈ ഇൻപുര കാത്തിനി എന്നാളും വാഴ്ന്തരുള അരുണാചല ഹേ ഞാൻ ദീനനാണ് എന്നെ കാത്ത അരുളണം ജീവൻമുക്തന ദൈന്യഭാവം എവിടെ എന്നൊക്കെ പറഞ്ഞു യുക്തി വിചാരം ചെയ്താൽ അത് വിടികിട്ടില്ല പ്രഭുസ്ത്വം ദീനാനാം ഖലു പരമബന്ധുഹ പശുപതേ പ്രമുഖ്യോഹം തേശാമപി കിമുത ബന്ധുത്വമനയോഹോ എന്ന് ശിവാനന്ദലഹരിയിൽ ആചാര്യസ്വാമികൾ പാടും അപ്പൊ നമ്മൾ ശരീരാഭിമാനത്തോടു കൂടെ ഇരിക്കുമ്പോ നിയന്താവായ ഭഗവാനെ അംഗീകരിച്ചാലേ കർമ്മയോഗം സാധ്യമാവുകയുള്ളൂ ഈശ്വര സർവഭൂതൃശേ അർജുനിച്ചാൽ മതി ഈശ്വരൻ ഹൃദ്ദേശത്തിൽ ഇരിക്കുന്നു നിത്യനിരന്തരം നിയന്ത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നു അവനെ ശരണാഗതി ചെയ്യൂ എന്ന് വെച്ചാൽ എന്താർത്ഥം എന്റെ ഇഷ്ടം നടക്കണം എന്റെ ഇച്ഛ പോലെ നടക്കണം ഒന്നുമില്ലാതെ നടക്കുന്നതിനെ നോക്കിക്കൊണ്ടിരിക്കൂ സംഭവിക്കുന്നതിനെ കണ്ടുകൊണ്ടിരിക്കൂ ഇറ്റ് അങ്ങയുടെ ഇച്ഛയാണ് എന്റെ ഇച്ഛ ഇല്ലാന്ന് ഭഗവാൻ എവിടെ വെക്കണോ അവിടെ ഇരിക്കാം ഭഗവാന്റെ ഇച്ഛ എങ്ങനെ അറിയും ഒന്നും അറിയാനില്ല എന്ത് നടക്കണോ അതാണ് ഭഗവാന്റെ ഇച്ഛ എന്റെ ഇച്ഛയെ ഇല്ല അപ്പൊ എന്താവും ഞാനേ ഇല്ലാതായിട്ട് തീരും ഈ ഇതൊരു മന്ത്രം പോലെ ഉൻ ഇഷ്ടം എഷ്ടം അങ്ങനെ ഈ ഭാവമൊക്കെ വന്നാലേ കർമ്മയോഗം ആവാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കർമ്മയോഗത്തിന് എന്ത് പ്രയോജനം എന്ന് നിരന്തരം നമ്മൾ ചോദിക്കേണ്ടി വരും കർമ്മയോഗത്തിന്റെ പ്രയോജനം കർമ്മം ചെയ്യുന്ന ആളെ ഇല്ലാതാക്കി യോഗത്തിൽ ഇരിക്കണതാണ് കർമ്മയോഗം കർമ്മം ചെയ്യുന്ന ഞാനില്ല നിയന്താവായ ഭഗവാനേ ഉള്ളൂ എന്ന് വന്നാലേ കർമ്മയോഗം പൂർണ്ണമാവുള്ളൂ കർമ്മം ചെയ്യുന്നവനെ ഇല്ലാതാക്കി കർമ്മിത്വനാശായ കർമ്മയോഗ വിഭക്തി നാശായ ഭക്തിയോഗായ രാജയോഗ അബോധനാശായ ബോധയോഗ ആചാര്യലക്ഷ്മണശർമ്മയുടെ ശ്ലോകമാണത് രമണപരാവിദ്യ ഉപനിഷത്തിലെ ഒരു ശ്ലോകമാണ് കർമ്മിത്വനാശായ കർമ്മയോഗ വിഭക്തി നാശായ ചക്തിയോഗായ രാജയോഗ അബോധനാശായ ചോധയോഗ ജ്ഞാനയോഗത്തിനാണ് ബോധയോഗം എന്ന് പേര് കർമ്മം ചെയ്യുന്നവൻ ഇല്ലാതിരിക്കണമെങ്കിൽ യഥാർത്ഥ കർത്താവ് ഞാനല്ലെന്നും ഞാൻ വെറും യന്ത്രമാണെന്നും അതാണല്ലോ സത്യം ഈശസ്യ ഹി വശേ ലോക യോഷ എന്ന് ഭാഗവതം ഈശ്വരന്റെ കയ്യിൽ കളിപ്പാട്ടങ്ങളാണ് ഈ ലോകത്തിലുള്ളവരൊക്കെ തന്നെ നമ്മുടെ ഭഗവാന്റെ വാക്ക് ട്രെയിനിൽ പോകുന്ന ആള് തന്റെ തലയിൽ പെട്ടി വെച്ചുകൊണ്ടിരിക്കണോ പെട്ടി ചോട്ടൽ വെച്ച് സ്വസ്ഥമായിരിക്കാൻ പാടില്ലേ ട്രെയിൻ എല്ലാം ചുമക്കണുണ്ടല്ലോ അതുപോലെ സകലതും നടത്തുന്നത് ഒരു ഈശ്വര ശക്തി പരമേശ്വര ശക്തി സകല ചലനങ്ങൾക്കും മൂലകാരണമായിരിക്കുന്നു എന്നുള്ള അറിവിനെ ഒരു ക്ഷണം പോലും വിട്ടുകളയാതിരിക്കുന്നതിന് പേരാണ് അധ്യാത്മസാധന ഇത് ജ്ഞാനയോഗവുമാണ് ഇത് ഭക്തി ഇത് കർമ്മയോഗവുമാണ് പേരിലാണോ വ്യത്യാസം വരുന്നത് എല്ലാം അവസാനം വരുമ്പോ ഒരേ അടുത്ത് വന്നു കൂടും കാര്യമൊക്കെ ഒന്നാണ് ഒരു കുട്ടി സ്വീറ്റ് ഷോപ്പ് മധുര പലഹാരം ഉണ്ടാക്കിയ കടയിൽ പോയിട്ട് കുറെ മധുരപലഹാരങ്ങള് കാണിച്ചു അയാള് അപ്പൊ അയാളുടെ അടുത്ത് ചോദിച്ചു ുട്ടിയുടെ രൂപത്തില് ഒരു ചോക്ലേറ്റ് അപ്പോ അത് എടുത്തു തരാൻ പറഞ്ഞു അത് എടുത്തു കൊടുത്തു അതിനെ കടിച്ചു തിന്നു അപ്പോ അപ്പൊ നോക്കുമ്പോ വേറെ ഒന്നുണ്ട് പശുവിന്റെ രൂപത്തില് അപ്പൊ ഈ കുട്ടി ചോദിച്ചു അതെങ്ങനെ ഉണ്ടാവും അതും ഇതേപോലെ തന്നെ ഉണ്ടാവും ഒരു ഷേപ്പേ വ്യത്യാസമുള്ളൂ തിന്ന് നോക്കുമ്പോ സ്വാദ് ഈ കുട്ടിയെ പോലെയാണ് നമ്മള് നമ്മള് നമ്മളുടെ സ്പെഷ്യാലിറ്റീസ് പ്രിജുഡീസ് ബയസുകാരൻ അങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെ നിർബന്ധം പഠിക്കണം അവസാനമാവുമ്പോൾ എല്ലാം കൊണ്ട് എത്തിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മളുടെ സെപ്പറേറ്റ് ഇൻഡിവിജ്വാലിറ്റി ജീവഭാവം ജീവാഹന്ത ഉദിക്കാത്ത വാസ്തവത്തിൽ അതില്ലാത്തതാണെന്നും അത് സത്യമല്ലെന്നും നിത്യശുദ്ധമായ ഒരു സത്തയെ ഉള്ളുവെന്നുമുള്ള ബോധം അബോധനാശം ബോധത്തിനെ തെളിവാക്കിത്തരാൻ സിദ്ധമായിട്ടുള്ളതിനെ തെളിവാക്കി തരാൻ സിദ്ധമായുള്ള പൊരുളൈ തേർന്തിരുത്തൽ സിദ്ധി പ്രസിദ്ധിയെല്ലാം സ്വപ്നമാസിദ്ധികളെ സിദ്ധമായുള്ള പൊരുളൈ തേർന്തിരുത്തൽ സിദ്ധി സിദ്ധി എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ സിദ്ധമായുള്ള വസ്തുവിനെ തെളിഞ്ഞൊന്ന് കാണുക അതാണ് സിദ്ധി അല്ലാതെ മനസ്സിനെ ഉപയോഗിച്ച് മെത്തേഡ് കൊണ്ടും ടെക്നിക്ക് കൊണ്ടും എന്തൊക്കെയോ ഉണ്ടെ ഉണ്ടാക്കി സങ്കല്പം കൊണ്ടും ഉണ്ടാക്കിയെടുക്കുന്നതൊക്കെ സ്വപ്നമാസിദ്ധികളെ വെറും സ്വപ്നമാണെന്നാണ് അതൊക്കെ വരികയും പോവുകയും ചെയ്യും സിദ്ധമായിട്ടുള്ള വസ്തുവിനെ കാണിച്ചു തരാൻ ഇപ്പൊ എന്താ തടസ്സം നമ്മളുടെ ജീവാഹാന്തര തന്നെ തടസ്സം ഞാൻ പ്രത്യേക ഒരാളായിട്ടുണ്ടെന്നുള്ള ഭ്രമം തന്നെ തടസ്സം ആ ഭ്രമത്തിനെ ഇല്ലാതാക്കാൻ നമ്മൾക്ക് ഇപ്പൊ പ്രോമിനൻ്റായി പ്രിഡോമിനൻ്റായിട്ട് ഇരിക്കുന്ന നേച്ചറിൽ നിന്നും സാധന തുടങ്ങുകയാണ് കർമ്മമാണോ നമ്മളുടെ നേച്ചർ ശരി കർമ്മം ചെയ്യൂ കർമ്മം എങ്ങനെ ചെയ്യണം നിനക്ക് വേണ്ടി ചെയ്താൽ കൂടുതൽ കൂടുതൽ സങ്കല്പവും വിചാരങ്ങളും വികാരങ്ങളും ഉണ്ടാവും അതുകൊണ്ട് ആ കർമ്മത്തിനെ ഞനക്ക് വേണ്ടി ചെയ്യേണ്ട ലോകത്തിന് വേണ്ടി ചെയ്യൂ അപ്പൊ എന്റെ കാര്യം എങ്ങനെ നടക്കും ഈ ലോകത്തിന് വേണ്ടി ചെയ്താൽ ലോകത്തിന്റെ രൂപത്തിലുള്ള ഭഗവാൻ നെ നോക്കിക്കൊള്ളുന്നു ചെയ്തുകൊണ്ടേയിരിക്കൂ അങ്ങനെ കർമ്മം ചെയ്യുമ്പോ അവസാനം ഈ അസ്മിത അഭിമാനം കൂടുതൽ കൂടുതൽ ക്ഷയമാവുകയും ഇവൻ യോഗയുക്തനാവുകയും ചെയ്യും ഇയാളുടെ സ്വാർത്ഥത പോകുന്തോറും ഇയാൾ ജിതദേഹനായിട്ട് തീരും അതായത് ദേഹത്തിലുള്ള അർജസ് ഒക്കെ കുറയും ഏറ്റവും മുഖ്യമായ അർജം എന്താ സെൽഫ് പ്രിസർവേഷൻ ആണ് എനിക്ക് നിൽക്കണം എനിക്ക് ജീവിക്കണം എന്റെ കാര്യം നടത്തണം ഞാൻ നോക്കണം ഈ ഒരു അഹം ആ സെന്ററിൽ നിന്ന് പോകുമ്പോൾ നാടികളൊക്കെ ശുദ്ധമാവും നാഡീ നരമ്പുകളൊക്കെ ശുദ്ധമാവും അതാണ് ജിതദേഹൻ എന്ന് പറയണത് അതായത് ആ ദേഹം ഇയാളെ ഭരിക്കണത് കുറയും ദേഹം ഇയാളെ ഭരിക്കുന്നത് കുറയും അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത് നോക്ക യോഗ യുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാജിതേന്ദ്രിയ ൂതൂതത്മാന്നി നിപ്യത്തെ